ം നാൽപ്പത്തി ആറ് ജാതികളെക്കുറിച്ച് എരമ്യാപ്രവാചകനുണ്ടായ യഹോവയുടെ അരിലപ്പാട് മിസ്രൈമിനെക്കുറിച്ചുള്ളത് ഫ്രാത് നദീതീരത്ത് കർക്കമീഷിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഗദനെസർ യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ നാലാണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിശ്രൈം രാജാവിന്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ പരിചയം പലകയും ഒരുക്കി യുദ്ധത്തിന് അടുത്തുകൊള്ളുവീൻ കുതിരച്ചേവകരെ കുതിരകൾക്ക് കോപ്പിട്ട് കയറുവീൻ തലക്കോരികയുമായി അണിനിരപ്പീൻ കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പീൻ അവർ ഭ്രമിച്ച് പിന്മാറിക്കാണുന്നതെന്ത് അവരുടെ വീരന്മാർ വെട്ടയേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു സർവത്ര ഭീതിയെന്ന് യഹോവയുടെ അരിലപ്പാട് വേഗവാൻ ഓടിപ്പോകയില്ല വീരൻ ചാടിപ്പോകുകയുമില്ല വടക്ക് ഫ്രാത് നദീതീരത്ത് അവർ ഇടറിവീഴും നീലനദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലക്കുകയും ചെയ്യുന്നൊരുവനാർ മിശ്രയും നീലനദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികൾ പോലെ അലക്കിയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു കുതിരകളെ കുതിച്ചു ചാടുവീൻ രഥങ്ങളെ മുറുകി ഓടുവീൻ ഭീരന്മാർ പുറപ്പെടട്ടെ പരിചയപിടിച്ചിരിക്കുന്ന കൂശരും പൂത്യരും വില്ലെടുത്തുകൊലയ്ക്കുന്ന ലൂദ്യരും കൂടെ ആ ദിവസം സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസം ആകുന്നു വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും വടക്ക് ഫ്രാത് നദീതീരത്ത് സൈന്യങ്ങളുടെ ഹോവയായ കർത്താവിന് ഒരു ഹനനയാകമുണ്ടല്ലോ മിശ്രയും പുത്രിയായ കന്യകെ ഗിലയാതിൽ ചെന്ന് തൈലം വാങ്ങുക നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ നിനക്ക് രോഗശാന്തി ഉണ്ടാകെയില്ല ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു വീരൻ വീരനോട് മുട്ടി രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു ബാബേൽ രാജാവായ നെബുകതനേസർ വന്ന് മിശ്രയും ദേശത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട് മിസ്രൈമിൽ പ്രസ്താവിച്ച് മിക്തോലിൽ പ്രസിദ്ധമാക്കി ോഫിലും തഹ്ബനീസിലും കേൾപ്പിപ്പീൻ അണിനിരന്ന് ഉരുങ്ങിനിൽക്ക എന്ന് പറവീൻ വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ നിന്റെ ബലവാന്മാർ വീണുകിടക്കുന്നതെന്ത് യഹോവാ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല അവൻ പലരെയും ഇടറി വീഴുമാറാക്കി ഒരുത്തൻ മറ്റൊരുത്തന്റെ മീത് വീണു എഴുന്നേൽപ്പീൻ നശിപ്പിക്കുന്ന വാളിനൊഴിഞ്ഞ് ത്തിന്റെ അടുക്കിലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്നവർ പറയും മിശ്രയും രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറഞ്ഞു എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള ഖർമേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ ഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട് മിസ്രൈമിൽ പാർക്കുന്ന പുത്രി പ്രവാസത്തിന് പോകുവാൻ കോപ്പുകൂട്ടുക നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും മിശ്രയും ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു എന്നാൽ വടക്ക് നിന്ന് ഈച്ച അതിന്മേൽ വരുന്നു അതിന്റെ കൂലിച്ചേവകർ അതിന്റെ മധ്യെ തടിപ്പിച്ച കാളക്കിടാക്കളെപ്പോലെ ആകുന്നു അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കയാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ ശബ്ദം പാമ്പോടുന്ന ശബ്ദം പോലെ അവർ സൈന്യത്തോടുകൂടെ നടന്നു മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിന്റെ നേരെ വരും അതിന്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയുമെന്ന് യഹോബിയുടെ അരുളപ്പാട് അവർ വെട്ടുക്കിളികളെക്കാൾ അവർക്ക് സംഖ്യയുമില്ല മിസ്രൈം പുത്രി ലജ്ജിച്ചു പോകും അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രീമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബൂഗതനേശ്വറിന്റെ കയ്യിലും അവന്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും അതിന്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകുമെന്ന് ഈ അരുളപ്പാട് എന്നാൽ എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രയേലെ നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും ആരുമവനെ ഭയപ്പെടുത്തുകയുമില്ല എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോബിയുടെ അരുളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചുകളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ലെത്താനും